സംഗീതപ്രമാണിക്ക് യദൂധൂന്യരാഗത്തിൽ ദാവീദിന്റെ ഒരു സങ്കീർത്തനം എന്റെ ഉള്ളം ദൈവത്തെ നോക്കി മൌനമായിരിക്കുന്നു എന്റെ രക്ഷ അവങ്കൽ നിന്നു വരുന്നു അവൻ തന്നെ എന്റെ പാറയും എന്റെ രക്ഷയുമാകുന്നു എന്റെ ഗോപുരവും അവൻ തന്നെ ഞാനേറെ കുലുങ്ങുകയില്ല നിങ്ങളെല്ലാവരും ചാഞ്ഞ മതിലും ആടുന്ന വേലിയും പോലെ ഒരു മനുഷ്യനെ കൊല്ലേണ്ടതിന് എത്രത്തോളം അവനെ ആക്രമിക്കും അവന്റെ പദവിയിൽ നിന്ന് അവനെ തള്ളിയിടുവാനത്രേ അവർ നിരൂപിക്കുന്നത് അവർ പോഷക്കിൽ ഇഷ്ടപ്പെടുന്നു വായിക്കൊണ്ട് അവർ അനുഗ്രഹിക്കുന്നു എങ്കിലും ഉള്ളം കൊണ്ട് അവർ ശപിക്കുന്നു എന്റെ ഉള്ളമേ ദൈവത്തെ നോക്കി മൌനമായിരിക്കാം എന്റെ പ്രത്യാശ അവങ്കൽ നിന്നു വരുന്നു അവൻ തന്നെ എന്റെ പാറയും എന്റെ രക്ഷയുമാകുന്നു എന്റെ ഗോപുരം അവൻ തന്നെ ഞാൻ കുലുങ്ങുകയില്ല എന്റെ രക്ഷയും എന്റെ മഹിമയും ദൈവത്തിന്റെ പക്കലാകുന്നു എന്റെ ഉറപ്പുള്ള പാറയും എന്റെ സങ്കേതവും ദൈവത്തിങ്കലാകുന്നു ജനമേ എല്ലാ കാലത്തും അവനിൽ ആശ്രയിപ്പീൻ നിങ്ങളുടെ ഹൃദയം അവന്റെ മുമ്പിൽ പകരുവീൻ ദൈവം സങ്കേതമാകുന്നു സാമാന്യജനം ഒരു ശ്വാസവും ശ്രേഷ്ഠ ജനം പോഷ്കുമത്രേ തുലാസിന്റെ തട്ടിൽ അവർ പൊങ്ങിപ്പോകും അവർ ആകെപ്പാടെ ഒരു ശ്വാസത്തെക്കാൾ ലഘുവാകുന്നു പീഡനത്തിൽ ആശ്രയിക്കരുത് കവർച്ചയിൽ മയങ്ങിപ്പോകരുത് സമ്പത്ത് വർദ്ധിച്ചാൽ അതിൽ മനസ്സുവെക്കരുത് ബലം ദൈവത്തിനുള്ളതെന്ന് ദൈവം ഒരിക്കൽ അരുളിച്ചെയ്തു ഞാൻ രണ്ടു പ്രാവശ്യം കേട്ടുമിരിക്കുന്നു കർത്താവെ ദയ്യം നിനക്കുള്ളതാകുന്നു നീ ഓരോരുത്തന് അവനവന്റെ പ്രവർത്തിക്കത്തക്കവണ്ണം പകരം നൽകുന്നു